അജ്ഞാന ജ്ഞാജനശലാ ചുരുമീല മേന തസ്മൈ ശ്രീഗുരവേ നമ ഓ നമ श्रीमद्भागवत सप्तम स्कंध अद्याय श्लोक एट मुद अंपद प्रह्लाद महाराजा प्राथन श्लोक श्री प्रह्लाद उच ब्रह्मादय सुरगणा मुनयोध सिद्ध बिप्रू। विवर्तन प्रहलाद महाराजाव प्राथु അസുരന്മാരുടെ കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഭഗവാനെ സംതൃപ്തനാക്കുവാനായി ഉചിതമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ എങ്ങനെയാണ് കഴിയുക ബ്രഹ്മദേവന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരും അതുപോലെയുള്ള വിശുദ്ധ വ്യക്തികളും സത്വഗുണികളും ഉന്നത യോഗ്യതകളുള്ളവരായിട്ടും ശ്രേഷ്ഠങ്ങളായ വാക്കുകളുടെ പ്രവാഹത്തിലൂടെ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഇതുവരെ അവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല ആ സ്ഥിതിക്ക് എന്റെ കാര്യം എന്തു പറയാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല ശ്ലോകം ഒൻപത് पौरुष नाराधनायहि परस्य प्रभाबलौरु नाराधना भक्तुषनम प्रहलाद महाराजावर् സമ്പത്ത് കുലീന കുടുംബം സൗന്ദര്യം തപസ് വിദ്യാഭ്യാസം ഇന്ദ്രിയ വൈദഗ്ധ്യം തേജസ് സ്വാധീനം കായിക ശക്തി ശുഷ്കാന്തി ബുദ്ധി നിഗൂഢയോഗശക്തി എന്നിവയെല്ലാമുണ്ടായേക്കാം പക്ഷേ ഈ യോഗ്യതകൾ കൊണ്ടൊന്നും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംതൃപ്തനാക്കാൻ കഴിയുകയില്ലെന്ന് ഞാൻ കരുതുന്നു എന്നിരുന്നാലും ഒരുവന് ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാനെ സംതൃപ്തനാക്കാൻ കഴിയും ഗജേന്ദ്രൻ ഇത് ചെയ്തു അതിനാൽ ഭഗവാൻ അവനിൽ സംപ്രീതനായി ശ്ലോകം പത്ത് ുരവിന്ദ പാദവിന്ദ വിമുഖാ വരിഷ്ടപ്പനോ വജന പുന സകുലം നൂരിമാന വിവർത്തന പന്ത്രണ്ട് വിധത്തിലുള്ള ബ്രാഹ്മണീയ യോഗ്യതകൾ ഉണ്ടായാലും സനത്സുജാതം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഭഗവാന്റെ പാദപങ്കജങ്ങൾക്ക് വിമുഖനും അഭക്തനുമാകുന്ന പക്ഷം അവൻ നിശ്ചയമായും ശ്വാനമാംസം ഭക്ഷിക്കുന്നവനെങ്കിലും എല്ലാം മനസ്സും വാക്കുകളും കർമ്മങ്ങളും സമ്പത്തും ജീവനും പരമോന്നത പുരുഷനായ ഭഗവാന് സമർപ്പിക്കുന്ന ഭക്തനേക്കാൾ താഴെയാണ് അവവിധത്തിലുള്ളൊരു ഭക്തൻ അത്തരത്തിലുള്ളൊരു ബ്രാഹ്മണനേക്കാൾ ഉത്തമനാണ് കാരണം ഭക്തന് അവൻ്റെ കുടുംബത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ കഴിയുമ്പോൾ മിഥ്യാഹങ്കാരത്തിൻ്റെ പദവിയിൽ കഴിയുന്ന ബ്രാഹ്മണനെന്ന് വിളിക്കപ്പെടുന്നവന് അവന്റെ കുടുംബത്തെയെന്നല്ല അവനെ പോലും ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല ശ്ലോകം പതിനൊന്ന് നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാദ വിദുഷ കരുണോ വൃണീതോ ഭഗവതമാനം परम പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എല്ലായ്പ്പോഴും സ്വയം സംതൃപ്തനാണ് ആയതിനാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കപ്പെട്ടാൽ ആ സമർപ്പണം ഭഗവാന്റെ കാരുണ്യത്താൽ ഭക്തന്റെ പ്രയോജനത്തിനാണ് കാരണം ഭഗവാന് ആരിൽ നിന്നും സേവനം ആവശ്യമില്ല ഉദാഹരണത്തിന് ഒരുവന്റെ മുഖം അലങ്കരിക്കപ്പെടുന്ന കണ്ണാടിയിൽ തെളിയുന്ന അവന്റെ മുഖത്തിൻറെ പ്രതിബിംബവും അലങ്കരിക്കപ്പെട്ടതായി കാണപ്പെടും श्लोकम पंद्र तस्मादिगक्लवना यशोजया गुण विसर्गमन प्रविष्ट पूयतमुवर्ण ം ആയതിനാൽ ഞാൻ ഒരസുര കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും എന്റെ ബുദ്ധി അനുവദിക്കുന്നിടത്തോളം പൂർണ്ണമായി പരിശ്രമിച്ച് ഒരു സംശയവും കൂടാതെ ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ എനിക്ക് കഴിയട്ടെ അജ്ഞത ഭൗതിക ലോകത്തിൽ പ്രവേശിക്കാൻ നിർബന്ധിതനായ ഏതൊരുവനം ഭഗവാൻ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ഭഗവത് മഹിമകൾ ശ്രവിക്കുകയും ചെയ്താൽ ഭൗതിക ജീവിതം ശുദ്ധീകരിക്കാം ശ്ലോകം ബ്രഹ്മാതയോ വയദ്വിജന്ത उदात्म सुखाय त्मसु विवर्तन अल्लयो भगवाने अतीन्द्रियावस्थ प्रतिष्ठितर ब्रह्मदेव नेतृत्वन् അങ്ങയുടെ ഭഗവത് പദത്തിന്റെ ആത്മാർത്ഥതയുള്ള സേവകരാണ് ആകയാൽ അവർ ഞങ്ങളെപ്പോലെയല്ല അങ്ങയുടെ ഘോരൂപത്തിലുള്ള ഈ ആവിർഭാവം സ്വസന്തോഷത്തിന് വേണ്ടിയുള്ള അങ്ങയുടെ ലീലയാണ് ഇത്തരം ഒരു അവതാരം എല്ലായ്പ്പോഴും ലോകത്തിന്റെ സംരക്ഷണത്തിനും പുരോഗതിക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്ലോകം പതിനാല് सर्वे ए नरसीह आगया ए महाअसुर हिण्यकशिपु वधट अ ദയവായി അങ്ങയുടെ കോപം അവസാനിപ്പിച്ചാലും ഒരു തേളിനെയോ പാമ്പിനെയോ കൊല്ലുന്നതിൽ മഹാവിശുദ്ധരായ വ്യക്തികൾ പോലും സന്തോഷിക്കാറുണ്ട് ഇപ്പോൾ ഈ അസുരൻ നിഗ്രഹിക്കപ്പെട്ടതിനാൽ സമസ്ത ലോകങ്ങളും സന്തോഷിക്കുന്നു ഇപ്പോൾ അവർക്ക് അവരുടെ സന്തോഷത്തിൽ ആത്മവിശ്വാസമുണ്ട് ഭയത്തിൽ നിന്ന് വിമുക്തരാകുന്നതിന് അവരെപ്പോഴും അവിടുത്തെ മംഗളകരമായ അവതാരത്തെ സ്മരിക്കുകയും ചെയ്യും ശ്ലോകം പതിനഞ്ച് ജിഹ്വാർക്കേത്രഭുകുടീരസോഗ്രദം ആന്ധ്രസ്രജക്ഷദകു കർ നിർഹ്രാ ബീത ദിഗി പാധരി ഗാഗ്രാ വിവർത്തനം ആരാലും കീഴടക്കാനാകാത്ത ഭഗവാനെ അങ്ങയുടെ ഉഗ്രമായ വായും നാക്കും സൂര്യന തുല്യം പ്രകാശിക്കുന്ന കണ്ണുകളും ചുളിഞ്ഞ പുരികങ്ങളും തീർച്ചയായും എന്നെ ഒട്ടും തന്നെ ഭയപ്പെടുത്തുന്നില്ല അങ്ങയുടെ കൂർത്ത് മൂർച്ചയേറിയ ദംഷങ്ങളും അങ്ങ് അങ്ങയുടെ രക്താഭിഷിക്തമായ സടയും ലോഹം പോലുള്ള ഉയർന്ന കർണങ്ങളും എന്നെ ഭയപ്പെടുത്തുന്നില്ല കൂറ്റൻ ആനകളെപ്പോലും നാനാദിക്കുകളിലേക്ക് പലായനം ചെയ്ത ചെയ്യിച്ച അവിടുത്തെ ഘോരഗർജനമോ ശത്രുവധത്തിനുള്ള അവിടുത്തെ നഖങ്ങളോ എന്നെ സംഭ്രാന്തനാക്കുന്നില്ല ശ്ലോകം പതിനോഹ മഹ്യം കൃപണവൽസര ദുസഹോഗ്ര സംസാര ചതനഗ്രസതാ പ്രണീത ഭദ്രസ്വകർമ്മിരുചത്തേ ഘമൂലം പ്രീതോപർഗം വയസേ കൂ ം അല്ലയോ അത്യന്തം ശക്തനായ ആർക്കും അധിലംഘിക്കാൻ കഴിയാത്ത പതീതാത്മാക്കളോട് കാരുണ്യമുള്ള ഭഗവാനെ എൻ്റെ കർമ്മങ്ങളുടെ ഫലമെന്ന നിലയിൽ ഞാൻ അസുരന്മാരുടെ സഹവാസത്തിൽ തള്ളപ്പെട്ടു അതിനാൽ ഈ ഭൗതിക ലോകത്തിലെ എൻ്റെ ജീവിതാവസ്ഥയിൽ എനിക്ക് വളരെയധികം ഭയമുണ്ട് ബദ്ധജീവിതത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള ആത്യന്തിക ലക്ഷ്യമായ അങ്ങയുടെ പാദപങ്കജങ്ങളിലേക്ക് അങ്ങ് എന്നെ വിളിക്കുന്ന ആ നിമിഷം എന്ന് വന്നു ചേരും ശ്ലോകം പതിനവിയോ സോ ജന്മാനിഷു ദ്യമാന ദുഃഖൌഷധം തദപി ദുഃഖമധത്തിയാഹം ഭൂമൻ ഭ്രമാ വദമേതൃഗം അല്ലയോ മഹാനുഭാവ പരമോന്നതനായ ഭഗവാനെ സന്തുഷ്ടവും സംയോജനവിയോജനങ്ങൾ മൂലം ഒരുവൻ സ്വർഗീയ സ്വർഗീയമോ നരകീയമോ ആയ ലോകങ്ങളിൽ ദുഃഖാഗ്നിയിൽ ദഹിക്കുന്നത് പോലെ അത്യന്തം ഖേദിക്കേണ്ടുന്ന അവസ്ഥയിൽ സ്ഥാപിക്കപ്പെടുന്നു ദുഃഖകരമായ ജീവിതത്തിൽ നിന്ന് പുറത്തുകടക്കാൻ പല പരിഹാരങ്ങളുണ്ടെങ്കിലും ഭൗതികലോകത്തിലെ അത്തരം പരിഹാരങ്ങളെല്ലാം ദുഃഖത്തേക്കാൾ തന്നെ ദുഷ്കരങ്ങളാണ് ആകയാൽ അങ്ങയുടെ സേവനങ്ങളിൽ മുഴുകുകയാണ് ഏകപരിഹാരമെന്ന് ഞാൻ കരുതുന്നു ദയവായി അത്തരം സേവനങ്ങളെ കുറിച്ച് എനിക്ക് ഉപദേശം നൽകിയാലും ശ്ലോകം അല്ലയോ പ്രിയപ്പെട്ട നരസിംഹദേവ ഞാൻ മുക്താത്മാക്കളുടെ അഥവാ ഹംസങ്ങളുടെ സഹവാസത്തിൽ അങ്ങയുടെ അതീന്ദ്രിയ പ്രേമസേവനത്തിൽ മഗ്നനായി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സമ്പർക്കത്താലുണ്ടാകുന്ന സർവമാലിന്യങ്ങളിൽ നിന്നും മോചിതനായി എനിക്ക് പ്രിയങ്കരനായ അങ്ങയുടെ മഹിമകൾ കീർത്തിക്കാൻ പ്രാപ്തനായിത്തീരും ഞാൻ ബ്രഹ്മദേവൻ്റെ കാലടികൾ ശരിക്കും പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിൽ അങ്ങയുടെ മഹിമകൾ കീർത്തനം ചെയ്യും എനിക്ക് നിസംശയം അജ്ഞതയുടെ സമുദ്രം തരണം ചെയ്യാൻ കഴിയും ശ്ലോകം നൃസിംഹ്യമ് त्वदुपेक्षनीतां। विवर्तनं शरीर नरसी परूल അങ്ങയാൽ അവഗണിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ശരീരസ്ഥരായ ആത്മാവുകൾക്ക് അവരുടെ നന്മയ്ക്കു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ എന്തെല്ലാം പരിഹാരങ്ങൾ സ്വീകരിച്ചാലും ഒരു അവ താൽക്കാലികമായി പ്രയോജനപ്പെട്ടാമെങ്കിലും തീർച്ചയായും അസ്ഥിരങ്ങളാണ് ഉദാഹരണത്തിന് ഒരു പിതാവും പിതാവിനും മാതാവിനും അവരുടെ കുട്ടിയെ സ്ഥിരമായി സംരക്ഷിക്കാനാവില്ല ഒരു വൈദ്യനും ഔഷധത്തിനും രോഗാതുരനായ ഒരുവനെ ശാശ്വതമായി മോചിപ്പിക്കുവാനുമാവില്ല അതേപോലെ സമുദ്രത്തിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരുവനെ ഒരു വഞ്ചിക്ക് രക്ഷപ്പെടുത്തുവാനാവില്ല श्लोकम യൻ യർ യുദയോ ഭാവതി വികോതി പൃഥക്സ്വഭാവ ഭഗവാനെ ഈ ഭൗതിക ലോകത്തിലെ എല്ലാവരും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായ സത്വ രജസ്തമോ ഗുണങ്ങളുടെ സ്വാധീനത്തിൻ കീഴിലാണ് എല്ലാവരും ഏറ്റവും ശ്രേഷ്ഠനായ ബ്രഹ്മാവ് മുതൽ താഴെയുള്ള ചെറിയ ഉറുമ്പ് വരെ ഈ ഗുണങ്ങളുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഭൗതിക ലോകത്തിലെ എല്ലാവരും അങ്ങയുടെ ശക്തിയാൽ പ്രേരിതരാകുന്നു അവർ പ്രവർത്തിക്കുന്നതിനുള്ള കാരണം പ്രവർത്തിക്കുന്ന സ്ഥലം പ്രവർത്തിക്കുന്ന കാലം പ്രവർത്തിക്കുന്നത് ഏതിലാണോ അതിനുള്ള കാരണം പരിഗണിച്ചിട്ടുള്ള അന്തിമ ജീവിത ലക്ഷ്യം ഈ ലക്ഷ്യം നേടുന്നതിനുള്ള പ്രക്രിയ എല്ലാം അങ്ങയുടെ ശക്തിയുടെ ആവിഷ്കാരമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായും ശക്തനും ശക്തിയും അഭിന്നമാകയാൽ ഇവയെല്ലാം അങ്ങയുടെ ആവിഷ്കാരങ്ങളല്ലാതെ മറ്റൊന്നുമല്ല ശ്ലോകം ഇരുപത്തിയൊന്ന് മായാമനസൃജതി കർമ്മമയം ബലീയാ കാലിനോദഗുണാമത പുംസോമയം യദയാർതോട സംസാര ചോദിതരെ ത്വ വിവർത്തനം അല്ലയോ നിത്യനായ പരമപുരുഷ അങ് അവിടുത്തെ സമഗ്ര വിസ്തരണത്താൽ കാലത്താൽ ഇളക്കി മറിക്കപ്പെടുന്ന അങ്ങയുടെ ബാഹ്യശക്തിയുടെ പ്രാതിനിധ്യങ്ങളിലൂടെ ജീവസത്തകളുടെ സൂക്ഷ്മ സൃഷ്ടിച്ചു അപ്രകാരം മനസ്സ് ജീവസത്തയെ കർമ്മകാണ്ഡത്തിൻ്റെ വൈദിക നിർദ്ദേശങ്ങളാലും പതിനാറ് ഘടകങ്ങളാലും പൂർത്തിക്കൂർത്തീകരിക്കപ്പെടേണ്ട പരിമിതികളില്ലാത്ത നാനാവിധ ആഗ്രഹങ്ങളുടെ ബന്ധനത്തിലാക്കുന്നു അങ്ങയുടെ പാദപങ്കജങ്ങളുടെ ആശ്രയം തേടാത്ത ആർക്കാണ് ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു കഴിയുക ശ്ലോകം ഇരുപത്തിരണ്ട് सत्व हि नि विजिदात्मगुणस्वना कालो वशी विसृज्य विसर्गशक्ति चक्रे विसृष्टमजयसारे निष्पीड मुकर्ष विभो प्रबन्न विवर्तनम എൻ്റെ പരമശ്രേഷ്ഠനായ ഭഗവാനെ പതിനാറ് മൂലപദാർത്ഥങ്ങളായ ഈ ഭൗതികലോകം സൃഷ്ടിച്ച അവിടുന്ന് അവയുടെ ഭൗതിക ഗുണങ്ങൾക്ക് അതീന്ദ്രിയനായി നിലകൊള്ളുന്നു മറ്റു വാക്കുകളിൽ ഈ ഭൗതിക ഗുണങ്ങളെല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണ് അവിടുന്ന് ഒരിക്കലും അവയാൽ കീഴടക്കപ്പെടുന്നില്ല അതുകൊണ്ട് കാലഘടകം അങ്ങയുടെ പ്രതിനിധിയാണ് ഭഗവാനെ അല്ലയോ പരമോന്നത അങ്ങയെ പരാജയപ്പെടുത്താൻ ആർക്കുമാവില്ല എന്നെ സംബന്ധിച്ച് ഞാൻ കാലചക്രത്താൽ തവിടുപൊടിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആകയാൽ ഞാൻ പൂർണമായും അങ്ങയെ ശരണം പ്രാപിക്കുന്നു ദയവായി അങ്ങയുടെ പാദപങ്കജങ്ങളിൽ എനിക്ക് സംരക്ഷണം നൽകണമേ ശ്ലോകം ഇരുപത്തി മൂന്ന് ദൃഷ്ടമയാദിവിഭോഗിലധീഷ്ണ്യ പാനാ മായുശ്രിയോ വിഭവ ഇച്ഛതിയാഞ്ജനോയം ബിദബ്രു പ്രിയപ്പെട്ട ഭഗവാനെ ജനങ്ങൾ പൊതുവെ ദീർഘായുസ്സിനും ഐശ്വര്യത്തിനും ആസ്വാദനത്തിനും വേണ്ടി ഉന്നത ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവയെല്ലാം എൻ്റെ പിതാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ കണ്ടു എൻ്റെ പിതാവ് ക്രുദ്ധനാകുമ്പോൾ ദേവന്മാർക്ക് നേരെ പരിഹാസത്തോടെ അട്ടഹസിക്കുമായിരുന്നു പിതാവിൻ്റെ കൺപുരികങ്ങളുടെ ചലനങ്ങൾ കാണുമ്പോഴേ ദേവന്മാർ പരാജിതരായി പിൻവാങ്ങും എന്നിട്ടും അതിശക്തനായിരുന്നിട്ടും എൻ്റെ പിതാവ് അങ്ങയാൽ ഒറ്റ നിമിഷം കൊണ്ട് പരാജയപ്പെടുത്തപ്പെട്ടു ശ്ലോകം ഇരുപത്തിനാല് शिष्योज्ञा विभव्रियु कामोपन पार्शन एट भगवाने ഇപ്പോൾ എനിക്ക് ബ്രഹ്മാവ് മുതൽ താഴേക്ക് ഏറ്റവും നിസാരമായ ഉറുമ്പു വരെയുള്ള ജീവസത്തകൾ ആസ്വദിക്കുന്ന ലൗകിക ഐശ്വര്യങ്ങൾ നിഗൂഢശക്തി ദീർഘായുസ് തുടങ്ങിയ ഭൗതിക സന്തോഷങ്ങൾ സമ്പൂർണമായി പരിചിതമാണ് ശക്തമായ കാലത്തിൻ്റെ രൂപത്തിൽ അങ്ങ് അവയെയെല്ലാം നശിപ്പിക്കുന്നു ആകയാൽ എൻ്റെ അനുഭവത്താൽ അവയൊന്നും സ്വന്തമാക്കാൻ ഞാൻ കാക്ഷിക്കുന്നില്ല ഭഗവാനെ അങ്ങയുടെ പരിശുദ്ധ ഭക്തനുമായി സമ്പർക്കത്തിലാകുവാനും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുള്ള ദാസനാകുവാനും എന്നെ അനുവദിച്ചാലും ശ്ലോകം ഇരുപത്തിയഞ്ച് കുശിഷ്രുതി സഖാമൃഗതൃഷ്ണി ക്വേദം കളേ പരമശേഷരുജാ വിരുഹ നിർവിദ്യീതി വിദ്ലം മധുലവൈശമയ ദുരാപൈ വിവർത്തനം ഈ ലോകത്തിൽ എല്ലാവരും വെറുമൊരു മരീചിക പോലുള്ള ഭാവി സുഖം കാക്ഷിക്കുന്നു മരുഭൂമിയിൽ എവിടെയാണ് ജലമുള്ളത് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ എവിടെയാണ് സുഖമുള്ളത് ഈ ശരീരത്തിന് എന്തു മൂല്യമാണുള്ളത് ഇത് വെറും ഒരു കൂട്ടം രോഗങ്ങളുടെ സ്രോതസ് മാത്രമാണ് തത്വചിന്തകരെന്നും ശാസ്ത്രജ്ഞരെന്നും രാഷ്ട്രീയക്കാരെന്നും വിളിക്കപ്പെടുന്നവർക്ക് ഇത് ശരിക്കും അറിവുണ്ട് എന്നിട്ടും അവർ താൽക്കാലിക സുഖം ആഗ്രഹിക്കുന്നു സുഖവും സന്തോഷവും നേടുക വളരെ ദുഷ്കരമാണ് പക്ഷേ ഇന്ദ്രിയ സംയമനം പാലിക്കാൻ കഴിവില്ലാത്തതിനാൽ അവർ ഒരിക്കലും ശരിയായൊരു നിർണയത്തിലെത്താതെ ഭൗതികലോകത്തിലെ സുഖമെന്നും സന്തോഷമെന്നും പറയപ്പെടുന്നവയുടെ പിന്നാലെ പരക്കം പായുന്നു ശ്ലോകം ഇരുപത്തിയാറ് ക്വാഹം പ്രഭവ ഈശതമോധികേസ്വതവാനു കമ്പ ശിരസി പത്മകര പ്രസാദ വിവർത്തനം അല്ലയോ പരമപുരുഷനായ ഭഗവാനെ ഞാൻ നരകീയമായ രജസ്തമോ ഗുണങ്ങൾ നിറഞ്ഞ കുടുംബത്തിൽ ജനിച്ചവനാകയാൽ എന്റെ അവസ്ഥ എന്താണ് അങ്ങ് ബ്രഹ്മദേവനും മഹാദേവനും ഭാഗ്യദേവതയായ ലക്ഷ്മിക്കുപോലും നൽകാത്ത അങ്ങയുടെ അകാരണമായ കാരുണ്യത്തെപ്പറ്റി എന്തു പറയാൻ അവിടുന്ന് ഒരിക്കലും അവിടുത്തെ കരപങ്കജം അവരുടെ ശിരസിന്മേൽ വെച്ചിട്ടില്ല പക്ഷേ അങ്ങത് എന്റെ ശിരസിൽ വെച്ചു श्लोकमी जनोर्यथत्मसुृदो जगद ती संया सुरदरवे प्रसाद സേവാനുരൂപമുതയോനപരാം വിവർത്തനം പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങേക്ക് ഉയർന്നതെന്നോ താഴ്ന്നതെന്നോ ഉള്ള ഭേദസങ്കൽപ്പമില്ലാത്തതിനാൽ അങ്ങ് ഒരു സാധാരണ ജീവസത്തയെ പോലെ മിത്രമെന്നോ ശത്രുവെന്നോ ഹിതമെന്നോ അഹിതമെന്നോ ആരെയും ഒന്നിനെയും വ്യവച്ഛേദിക്കുന്നില്ല എന്നിരുന്നാലും അങ്ങ് ഒരുവന്റെ സേവനത്തിനനുസരിച്ച് അവന ആഗ്ര അനുഗ്രഹങ്ങൾ നൽകുന്നു ഒരു കൽപ്പവൃക്ഷം ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ നോക്കാതെ ആഗ്രഹത്തിനനുസരിച്ച് ഫലങ്ങൾ നൽകുന്നതുപോലെ ശ്ലോകം ഇരുപത്തിയെട്ട് നിപതിഭവാഹി കൂപേ കാമമനു പ്രപദൻ പ്രസംഗാത്മസാസുരർഷി ഭഗവൻ ഗൃഹീത സോഹം കഥം നു വിസേ തവ ഭ സേവാ വിവർത്തനം അല്ലയോ ഭഗവാനെ ഒന്നിനു പിന്നാലെ ഒന്നായി ഭൗതികാഭിലാഷങ്ങളുമായുള്ള എൻ്റെ സമ്പർക്കം മൂലം സാധാരണ ജനങ്ങളെ പിന്തുടർന്ന് ഞാനും സർപ്പങ്ങൾ നിറഞ്ഞ ഒരു പൊട്ടക്കിണറിലേക്ക് ക്രമേണ നിപതിക്കുകയായിരുന്നു പക്ഷേ അങ്ങയുടെ ദാസനായ നാരദമുനി സദയം എന്നെ ശിഷ്യനായി സ്വീകരിക്കുകയും ഈ അതീന്ദ്രിയ സ്ഥിതി പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് ഉപദേശിക്കുകയും ചെയ്തു അതിനാൽ അദ്ദേഹത്തെ സേവിക്കുക എന്നതാണ് എൻ്റെ പ്രഥമ കർത്തവ്യം അദ്ദേഹത്തിനുള്ള സേവനം ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും ശ്ലോകം ഇരുപത്തിയൊൻപത് മത്പ്രാണരക്ഷണമനന്തർ മഞ്ഞേ സുഭൃത്യ ഋഷിവാക്തം വിധാ ഖഡ്ഗം പ്രഗൃഹ്യതവോ ചിത്സു സ്വാമീശ്വരോ അളവറ്റ അതീന്ദ്രിയ ഗുണങ്ങളുടെ സംഭരണിയായ അല്ലയോ ഭഗവാനെ അങ്ങ് എന്റെ പിതാവ് ഹിരണ്യ കശുപുവിനെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം അങ്ങേയറ്റം ക്രുദ്ധനായി ഇങ്ങനെ ആക്രോശിച്ചു ഞാനല്ലാതെ ഒരു പരമനിയന്താവുണ്ടെങ്കിൽ അദ്ദേഹം നിന്നെ രക്ഷിക്കട്ടെ ഞാനിപ്പോൾ നിന്റെ ഉടലിൽ നിന്ന് നിന്റെ ശിരസ് വേർപ്പെടുത്തും അതിനാൽ എന്നെ രക്ഷിച്ചതിലൂടെയും എന്റെ പിതാവിനെ വധിച്ചതിലൂടെയും അങ്ങ് അങ്ങയുടെ ഭക്തന്റെ വാക്കുകൾ സത്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു ഇതിന് മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല ശ്ലോകം മുപ്പത് ഏകസ്വമേവ ജഗദേദമുഷ്യന്തയോ ഗവീമ സൃഷ്ടികം നിജമായതീഷ്ട വിവർത്തനം പ്രിയപ്പെട്ട ഭഗവാനെ അങ് സ്വയം സമഗ്ര ഭൗതിക പ്രപഞ്ചമായി ആവിഷ്കരിച്ചു സൃഷ്ടിക്കു മുൻപേ നിലനിന്നിരുന്ന അങ്ങ് ത്തിനു ശേഷവും നിലനിൽക്കുന്നു ആരംഭത്തിനും അന്ത്യത്തിനും മധ്യയുള്ള സംരക്ഷകനും അങ്ങാണ് അങ്ങയുടെ ബാഹ്യശക്തി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളിലൂടെയാണ് ഇവയെല്ലാം നിർവഹിക്കുന്നത് അതിനാൽ ബാഹ്യമായും ആന്തരികമായും എന്തെല്ലാം നിലനിൽക്കുന്നുവോ അവയെല്ലാം അങ്ങ് മാത്രമാണ് ശ്ലോകം ിതിരീക്ഷണംവൈതേവസു കാലവദിതർവീർത്ത അല്ലയോ ഭഗവാനെ സമസ്ത വിശ്വാവിഷ്കാരത്തിൻറെയും കാരണം അങ്ങും ഭൗതികാവിഷ്കാരം അങ്ങയുടെ ശക്തിയുടെ ഫലവുമാകുന്നു ശ്വ്രപഞ്ചവും അങ്ങല്ലാതെ മറ്റൊന്നുമല്ലെങ്കിലും അങ്ങ് സ്വയം അതിൽ നിന്ന് അകന്നു നിൽക്കുന്നു എല്ലാ ഉദ്ഭവങ്ങളും അങ്ങയിൽ നിന്നാകയാലും അതുമൂലം അങ്ങിൽ നിന്ന് അഭിന്നമാകയാലും എന്റേതെന്നും നിൻറേതെന്നുമുള്ള സങ്കൽപ്പം തീർച്ചയായും ഒരു വ്യാമോഹം മാത്രമാണ് തീർച്ചയായും ഭൗതിക പ്രപഞ്ചം അങ്ങയിൽ നിന്ന് അഭിന്നമാണ് സംഹാരത്തിന് ഹേതുവും അങ്ങാകുന്നു അവിടുത്തെ ഭഗവത് പദവും വിശ്വപ്രപഞ്ചവും തമ്മിലുള്ള ഈ ബന്ധം വിത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും സൂക്ഷ്മമായ കാരണത്തിൻ്റെയും സ്ഥൂലമായ സൃഷ്ടിയുടെയും ഉദാഹരണത്തിലൂടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു ശ്ലോകം മുപ്പത്തിരണ്ട് ന്യസേദമാത്മനി ജഗദ്വിലയാംബു മധ്യേ ശേഷേത്മനുഖാഭവോ നിരീഹ യോഗേന മീലിതൃഗാത്മനുസ്ഥിതോ നൂതമോ നവർത്തനം അല്ലയോ ഭഗവാനെ സംഹാരത്തിന് ശേഷം സൃഷ്ടി ശക്തി മിഴികൾ പാതിയടച്ച് യോഗനിദ്രയിൽ ശയിക്കുന്ന അങ്ങയിൽ വിശ്രമിക്കുന്നു വാസ്തവത്തിൽ അങ്ങ് എല്ലായ്പോഴും ഭൗതിക സൃഷ്ടിക്ക് അതീതമായ ആധ്യാത്മിക പരമാനന്ദ അവസ്ഥയിലായതിനാൽ ഒരു സാധാരണ മനുഷ്യജീവിയെ പോലെ ഉറങ്ങുകയല്ല കാരണോദകശായി വിഷ്ണു എന്ന നിലയിൽ അവിടുന്ന് അപ്രകാരം ഭൗതിക വസ്തുക്കളെ സ്പർശിക്കാതെ അവിടുത്തെ അതീന്ദ്രിയ സ്ഥിതിയിൽ നിലകൊള്ളുന്നു അങ്ങ് ഉറങ്ങുന്നതുപോലെ കാണപ്പെടുന്നുവെങ്കിലും ആ ഉറക്കം തമോ ഗുണത്തിലുള്ള ഉറക്കത്തിൽ നിന്നും വ്യത്യസ്തമാണ് ശ്ലോകം മുപ്പത്തിമൂന്ന് तेवुरीज कालशक्तिया संजोदिप्रकृतिधर्म आत्मूढ़दशयना देनाभेरभुस्वणिक वडवहाज വിവർത്തനം ഈ വിശ്വാവിഷ്കാരവും അങ്ങയുടെ ശരീരമാണ് പദാർത്ഥങ്ങളുടെ ഈ സമഗ്ര സഞ്ചയം കാലശക്തി എന്നറിയപ്പെടുന്ന അങ്ങയുടെ ശക്തിയാൽ പ്രക്ഷുബ്ധമാക്കപ്പെടുമ്പോൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ആവിഷ്കൃതമാകുന്നു അങ്ങ് ശേഷന്റെ അനന്തൻ്റെ ശയ്യയിൽ നിന്ന് ഉണരുകയും അങ്ങയുടെ നാഭിയിൽ നിന്ന് ഒരു ചെറിയ അതീന്ദ്രിയ ബീജം ഉൽപ്പാദിതമാവുകയും ചെയ്യുന്നു ആ വിത്തിൽ നിന്നാണ് അതിബൃഹത്തായ വിശ്വപ്രപഞ്ചത്തിൻ്റെ താമര പ്രത്യക്ഷമാകുന്നത് ശരിക്കും ചെറിയൊരു വിത്തിൽ നിന്ന് വലിയ വടവൃക്ഷം അഥവാ ആൽമരം വളരുന്നത് ശ്ലോകം മുപ്പത്തിനാല് തവ കയത പശ്യമാന സ്വാംബീജമാദം സ്വഹരിർവിചിന്യവി ദശതമപ്സു നിമ്ജമാനോ ജാദേ ഗുരേ കഥ മുഹോ പല ഭേദ ബീജം വിവർത്തനം ആ മഹതായ താമരപ്പൂവിൽ നിന്ന് ബ്രഹ്മാവ് ഉദ്ഭവിച്ചു പക്ഷേ ബ്രഹ്മാവിന് ആ താമരപ്പൂവൊഴിച്ച് മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല അതിനാൽ അങ്ങ് പുറത്തായിരിക്കുമെന്ന ചിന്തയാൽ ബ്രഹ്മദേവൻ താമരയുടെ ഉത്ഭവസ്ഥാനം അന്വേഷിച്ച് നൂറു വർഷം ജലത്തിൽ ഊളിയിട്ട് നടന്നു എന്നിട്ടും അദ്ദേഹത്തിന് അങ്ങയുടെ ഒരടയാളവും കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ഒരു ബീജം വളർന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ബീജം കാണാൻ കഴിയുകയില്ല ശ്ലോകം മുപ്പത്തിയഞ്ച് कालेन तीव्रतबसा सूक्ष्मं, തീവ്രതപരശുദ്ധ മാഗന്ധമൂക്ഷ്മൂതേന്ദ്രിമയേം ദർശ വിവർത്ത ആത്മയോനി അഥവാ ഒരു മാതാവില്ലാതെ ജനിച്ചവനെന്ന ഖ്യാതനായ ബ്രഹ്മദേവൻ അത്ഭുതസ്തബ്ധനായിരുന്നു അപ്രകാരം താമരപ്പൂവിനെ ശരണം പ്രാപിച്ച ബ്രഹ്മാവ് അനേകായിരം സംവത്സരങ്ങളിലെ കഠിന തപസുകൾക്കൊടുവിൽ പരിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ എല്ലാ കാരണങ്ങൾക്കും കാരണമായ ഭഗവാൻ സ്വന്തം ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായി ബ്രഹ്മാവിന് കാണാൻ കഴിഞ്ഞു ഗന്ധം അതിസൂക്ഷ്മമാണെങ്കിലും ഭൂമിയിൽ ഗ്രഹിക്കാൻ കഴിയുന്നത് പോലെ ശ്ലോകം മുപ്പത്തിയാറ് സഹസ്രവതാംഗ്രി ശിരക്കരോരു മായാമയം ർണനയുധാഢ്യം ബ്രഹ്മദേവൻ അപ്പോൾ അങ്ങയെ ആയിരമായിരം മുഖങ്ങളോടും പാദങ്ങളോടും ശിരസുകളോടും കരങ്ങളോടും തുടകളോടും നാസികകളോടും കർണങ്ങളോടും കണ്ണുകളോടും കൂടി കാണാൻ കഴിഞ്ഞു അതിമനോഹരമായി വസ്ത്രധാരണം ചെയ്തിരുന്ന അങ്ങ് പലവിധ ആഭരണങ്ങളാലും ആയുധങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരുന്നു വിഷ്ണു ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തോടും ലക്ഷണങ്ങളോടും കൂടി അധോലോകങ്ങളിൽ നിന്നും നീണ്ടു നിന്നിരുന്ന അങ്ങയുടെ പാദപത്മങ്ങൾ ദർശിച്ച ബ്രഹ്മാവ് അതീന്ദ്രിയ നിർവൃതി നേടി ശ്ലോകം മുപ്പത്തിയേഴ് തസ്മൈ ഭയശി ുഹാവതിലൗകൈഡാഗ്യംസ്തുമാനന്ത് എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ് കുതിരയുടെ കൂടിയ ഹയഗ്രീവനായി അവതരിച്ചപ്പോൾ രജസ്തമോ ഗുണങ്ങളിലായിരുന്ന മധു കൈടബൻ എന്നീ അസുരന്മാരെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി ഇക്കാരണത്താൽ മഹാമുനിമാർ അങ്ങയുടെ രൂപങ്ങളെ ത്രിഗുണങ്ങളുടെ ലാഞ്ചന പോലുമില്ലാത്ത അതീന്ദ്രിയ രൂപമായി സ്വീകരിച്ചു ശ്ലോകം മുപ്പത്തി എട്ട് ഇദ്ദം റിഗൃഷി ജശാവർ ലോകാൻ വിഭാവയസി ഹംസി ജഗത് പ്രതീപം ം എന്റെ ഭഗവാനെ അങ്ങ് ഈ രീതിയിൽ മനുഷ്യനായും മൃഗമായും മഹർഷിയായും ദേവനായും മത്സ്യമോ കൂർമ്മമോ ആയും വിവിധ അവതാരങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് വിവിധ ഗ്രഹവ്യൂഹങ്ങളിലെ സമഗ്രസൃഷ്ടിയേയും സംരക്ഷിക്കുകയും ആസുരീയതത്വങ്ങളെ ഹനിക്കുകയും ചെയ്തു ഓരോ യുഗത്തിലും അങ്ങ് ധാർമിക തത്വങ്ങൾ സംരക്ഷിച്ചു എന്നാൽ കലിയുഗത്തിൽ അങ്ങ് ഭഗവാനായി സ്വയം പ്രത്യക്ഷപ്പെടുന്നില്ല ആകയാൽ അങ്ങ് ത്രിയുഗം മൂന്ന് യുഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാൻ എന്നറിയപ്പെടുന്നു ശ്ലോകം മുപ്പത്തിയൊൻപത് ൈതന്മനസ്തവ കു വികുണ്ടീയതേ ദുരിത ദുഷ്ടമസാധുതീവ്രം കാമാരം ഹർഷശോ ഭയക്ഷതിമൃശാമി ദീന विवर्तनम् യാതൊരുവിധ ഉത്കണ്ഠയുമില്ലാത്ത വൈകുണ്ട ലോകങ്ങളുടെ ഭഗവാനെ എൻ്റെ മനസ്സ് ചിലപ്പോൾ സന്തോഷമെന്നും ചിലപ്പോൾ ദുഃഖമെന്നും വിളിക്കപ്പെടുന്നതിൽ മുഴുകുന്നു അത്യന്തം പാപവും കാമാർത്തിയും ദുഃഖവും ഭയവും നിറഞ്ഞ അത് എല്ലായ്പ്പോഴും അധികമധികം ധനം കാക്ഷിക്കുന്നു അവധത്തിൽ അങ്ങേയറ്റം കളങ്കപ്പെട്ടതിനാൽ അത് ഒരിക്കലും അങ്ങയെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ സംതൃപ്തി നേടുന്നില്ല ആകയാൽ ഞാൻ അങ്ങേയറ്റം പതീതനും ദരിദ്രനുമായിരിക്കുന്നു ജീവിതത്തിൻ്റെ ഈ അവസ്ഥയിൽ അങ്ങയുടെ കർമ്മങ്ങളെക്കുറിച്ച് സംവാദിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കും ശ്ലോകം ജിഹൈകോച്യുതവികർദിമാതൃപ്ത ശിഷ്ണോനൃതം കൂതശ്ചിത് ഘ്രണോന ഗേഹപതി ഒരിക്കലും ച്യുതി സംഭവിക്കുകയില്ലാത്ത ഭഗവാനെ അനവധി പത്നിമാരുള്ളവനും ഭർത്താവിനെ ആകർഷിക്കാൻ അവരെല്ലാം അവരുടേതായ രീതിയിൽ നടത്തുന്ന ശ്രമങ്ങളുടെ വലയിൽ അകപ്പെട്ടവനുമായ ഒരുവന്റെ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉദാഹരണത്തിന് നാക്ക് രുചികരമായ ആഹാര പദാർത്ഥങ്ങളാലും ജനനേന്ദ്രിയം ആകർഷകയായ സ്ത്രീയോടുത്തുള്ള ലൈംഗിക മോഹത്താലും സ്പർശനേന്ദ്രിയം മാർദ്ദവമുള്ള വസ്തുക്കളുടെ സമ്പർക്കത്താലും ആകർഷിക്കപ്പെടുന്നു ഉദരം നിറയെ ഭക്ഷിച്ചു കഴിഞ്ഞാലും ആഹാരം ആഗ്രഹിക്കുന്നു കാതുകൾ അങ്ങയെ ശ്രവിക്കാൻ ശ്രമിക്കാതെ ലൗകിക വിഷയങ്ങളുടെ ശ്രവണത്തിൽ ആകർഷിക്കപ്പെടുന്നു ഗന്ധം അറിയുന്നതിനുള്ള ശ്വസനേന്ദ്രിയം ഇതര കാര്യങ്ങളാൽ ആകർഷിക്കപ്പെടുന്നു അസ്വസ്ഥമായ കണ്ണുകൾ ഇന്ദ്രിയ സുഖത്തിനുള്ള കാഴ്ചകളാൽ ആകർഷിക്കപ്പെടുന്നു കർമ്മേന്ദ്രിയങ്ങളും മറ്റുള്ളവയാൽ ആകർഷിക്കപ്പെടുന്നു ഈ വിധത്തിൽ ഞാൻ തീർച്ചയായും അതിയായ വിഷമസ്ഥിതിയിലാണ് ശ്ലോകം നാൽപ്പത്തൊന്ന് കർമ്മ പദീംബവൈത്തരണ്യ മയോന്യജന്മമീത ഭീത പശ്യം സ്വരവിഗ്രഹവൈരമൈത്രം ഹേദി പാര ചര പി മൂഢമദ്യവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് സദാ മരണനദിയുടെ വൈതരണിയുടെ മറുകരയിൽ അതീന്ദ്രിയതയിൽ സ്ഥിതി ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങൾ നിമിത്തം ഇക്കരെ ക്ലേശിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ഈ നദിയിൽ വീണ് ജനന മരണങ്ങളുടെ വേദനകൾ ആവർത്തിച്ച് സഹിക്കുകയും ഭയാനകമായ വസ്തുക്കൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ദയവായി ഞങ്ങളെ വീക്ഷിക്കുകയും എന്നെ മാത്രമല്ല ക്ലേശിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ അഹൈതുകമായ കാരുണ്യത്താൽ മോചിപ്പിച്ച് സംരക്ഷിക്കുകയും ചെയ്താലും श्लोक नोन्वत्रेखिगुरो भगव उणेसलोपे मूढ़षु वै महद्रह आत्म्दो किनुसे അല്ലയോ ഭഗവാനെ സർവ ലോകങ്ങളുടെയും യഥാർത്ഥ ആധ്യാത്മിക ഗുരുവേ പ്രപഞ്ച ഭരണം നിർവഹിക്കുന്ന അങ്ങയ്ക്ക് അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയിട്ടുള്ള പതീതാത്മാക്കളെ മോചിപ്പിക്കുന്നതിന് എന്താണ് വിഷമം ക്ലേശിക്കുന്ന മനുഷ്യരാശിയുടെ മിത്രമാണ് അവിടുന്ന് വിഡികളോട് കരുണ കാട്ടേണ്ടത് മഹത് വ്യക്തിത്വങ്ങളുടെ ധർമ്മവുമാണ് അതുകൊണ്ട് അങ്ങയുടെ സേവനങ്ങളിൽ മുഴുകിക്കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള വ്യക്തിത്വങ്ങളോട് അവിടുന്ന് അവിടുത്തെ അഹൈതുകമായ കാരുണ്യം പ്രകടിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു ശ്ലോകം നാൽപ്പത്തി परदुरत्यय वैतरण्या, त्वद्वीर्य ുര വൈതരണ്യ ഗാമഹാമൃതമഗ്ന ചിത്രോ माया വിമുഖചേതസ ഇന്ദ്രി മാുഖാഹത്തൂ വിവർത്ത അല്ലയോ മഹത് വ്യക്തിത്വങ്ങളിൽ ശ്രേഷ്ഠനായവനെ ഞാൻ ഭൗതികാസ്തിത്വത്തെ ഒട്ടും ഭയപ്പെടുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ എവിടെയാണെങ്കിലും അങ്ങയുടെ മഹിമാനങ്ങളെയും കർമ്മങ്ങളെയും ചിന്തകളിൽ ലീനനായിരിക്കും തങ്ങളുടെ കുടുംബങ്ങളെയും സമുദായങ്ങളെയും രാജ്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന വിഡ്ഢികളെയും കൊള്ളരുതാത്തവരെയും കുറിച്ച് മാത്രമേ എനിക്ക് ഉത്കണ്ഠയുള്ളൂ അവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞാൻ ഉത്കണ്ഠാകുലനാണ് ശ്ലോകം നാൽപ്പത്തി विजनेन परार्थनिष्टा नान्यं മൗനം ചരന്ത് പരാനിഷ്ടൈതാവിൻ നരണം അല്ലയോ നരസിംഹദേവ ഞാൻ മഹാവിശുദ്ധരായ ധാരാളം മഹർഷിമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവരെല്ലാം അവരുടെ മാത്രം മോചനത്തിൽ താൽപ്പര്യമുള്ളവരാണ് അവർ വന്നഗരങ്ങളെയോ പട്ടണങ്ങളെയോ ശ്രദ്ധിക്കാതെ മൗനവ്രതത്തോടെ ധ്യാനിക്കുന്നതിന് ഹിമാലയത്തിലേക്കോ വനങ്ങളിലേക്കോ പോകുന്നു മറ്റുള്ളവരെ മോചിപ്പിക്കുന്നതിൽ അവർ തൽപ്പരല്ല എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാവം വിഡ്ഢികളെയും തെമ്മാടികളെയും ഒരു വശത്ത് ഉപേക്ഷിച്ചിട്ട് മാത്രം മോചനം ഞാൻ കാക്ഷിക്കുന്നില്ല അങ്ങയുടെ പാദപങ്കജങ്ങളിൽ ശരണം പ്രാപിക്കാതെ ഒരുവന് സന്തുഷ്ടനാകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം ആകയാൽ അവരെ അങ്ങയുടെ പാദപങ്കജങ്ങളുടെ ശരണത്തിൻ കീഴിൽ തിരികെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു uh <laughs> <laughs>